വിവേകത്തോടും നല്ല ഉപദേശത്തോടും കൂടി നിന്റെ രക്ഷിതാവിൻറെ മാർഗ്ഗത്തിലേക്ക് ക്ഷണിക്കുക ഏറ്റവും നല്ല രീതിയിൽ അവരോട് സംവദിക്കുക തീർച്ചയായും നിന്റെ രക്ഷിതാവിനാണ് അവൻറെ മാർഗത്തിൽ നിന്ന് ആരു വഴിപഴിച്ചു എന്ന് ഏറ്റവും നന്നായി അറിയാവുന്നത് സന്മാർഗികളെക്കുറിച്ച് അവനാണ് ഏറ്റവും നന്നായി അറിയാവുന്നത്